ദത്താത്രേയെ ഭഗവാൻ തൻ്റെ ഓരോ ഗുരുക്കന്മാരെയായിട്ട് എടുത്തു പറഞ്ഞ് ഇവരിൽ ഓരോരുത്തരിൽ നിന്നും താൻ എന്താണ് പഠിച്ചത് എന്ന് യതു മഹാരാജാവിന് പറയുകയാണ് ആദ്യമായിട്ട് പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം ഭൂമിയിൽ നിന്നും ക്ഷമ ഭൂമിക്ക് പര്യായപദം തന്നെ ഒരു പേരുണ്ട് ക്ഷമ എന്നും ക്ഷമ എന്നും ഭൂമിക്ക് പേരുണ്ട് അധ്യാത്മ ജ്ഞാനത്തിന് ഒരു ഗുണമുണ്ട് തിക്ഷ എന്ന് അതൊരു പറയും തിദീക്ഷ എന്ന് വെച്ചാൽ സഹിക്കാനുള്ള ശക്തി സഹനം സർവദുഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിദീക്ഷാ എന്തൊക്കെ ദുഃഖം വരികയാണെങ്കിലും പ്രതീകാരുദ്ധിയില്ലാതെ എനിക്കിങ്ങനെ വന്നുവല്ലോ എന്ന് വിലപിക്കാതെ സഹിക്കാന്നാണ് യാതൊരു വിഷമമില്ലാതെ ശ്രീരാമന് വാൽമീകി രാമായണത്തിൽ ഭഗവാന് ക്ഷമയാ പൃഥി സമഹാം ഭൂമിക്ക് ഭഗവാൻ ഭൂമി ക്ഷമയ്ക്ക് ഭഗവാൻ ഭൂമിയെ പോലെ ക്ഷമയാ പൃഥിവീ സമഹാം ക്ഷമിക്കൽ ദൗർബല്യം കൊണ്ടല്ല ചിത്തവിക്ഷേപം ഉണ്ടാവാതെ ഇരിക്കുന്നത് നമ്മളുടെയും കൂടെ ഗുണമാണ് നമുക്കും കൂടെ ആവശ്യമാണെന്നുള്ള അറിവ് കൊണ്ടുള്ള ക്ഷമയാണ് ഭൂമിയെ എന്തൊക്കെ ചെയ്യുന്നു പൂർവ്വകാലങ്ങളിൽ കിണർ പോലുമില്ല നദിയിലുള്ള ജലം മാത്രമേ ഉള്ളൂ പിന്നീട് കിണർ കുഴിക്കാൻ തുടങ്ങി പിന്നെ നമ്മളിപ്പോൾ ബോർവെല്ലായി ഇപ്പൊ ഭൂമിയുടെ അന്തരംഗ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അനേക കിലോമീറ്റർ ആഴത്തിൽ ഭൂമിയുടെ ഉള്ളിൽ കുഴിക്കുന്നുണ്ട് ന്യൂക്ലിയർ ആറ്റോമിക് പവർ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഭൂമിയുടെ ഉള്ളിൽ വെച്ചാണ് നടത്തുന്നത് ഇത്രയൊക്കെ ആയിട്ടും ഭൂമി കഴിയുന്നതും ക്ഷമിക്കുന്നു ഇടയ്ക്കുന്നു ഇളകിയാ കഴിഞ്ഞു അല്ലേ അതിന്റെ ഫലം നമ്മൾ കണ്ടതാണ് അപ്പോ ക്ഷമിക്കുന്ന ആൾക്ക് ശക്തി കൂടുതലാണ് ഏകനാഥസ്വാമിയെക്കുറിച്ച് പറയും ഏകനാഥസ്വാമിക്ക് കോപമേ വരില്ല എന്ന് ഏകനാഥസ്വാമിയെ കോപിപ്പിക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം ഒരു ദരിദ്ര ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ പുത്രന് യജ്ഞോപവിധ ധാരണം പൂണലിടണം അതിന് കാശില്ല വളരെ വിഷമത്തിലാണ് അപ്പൊ നാട്ടിലുള്ള ചിലരോടൊക്കെ സഹായം ചോദിച്ചപ്പോ അവിടുത്തെ പിള്ളേരൊക്കെ കൂടെ പറഞ്ഞു ഏകനാഥസ്വാമിയെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കോപിപ്പിക്കുകയാണെങ്കിൽ ദേഷ്യപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ട പണം തരാം ഈ ദാരിദ്ര്യം കൊണ്ട് ഇയാള് ഏകനാഥസ്വാമിയുടെ വീട്ടിൽ വന്ന് കുറേ ചീത്ത പിടിച്ചു കുറേ നേരം ചീത്ത സ്വാമി പൂജയിലാണ് കേട്ടുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ചൊമ്പിൽ പാലു എടുത്തുകൊണ്ട് വന്ന് എത്ര നേരമായ ഇവിടെ നിന്നും ശബ്ദബ്രഹ്മം പുറപ്പെടുവിക്കുന്നു അദ്ദേഹത്തിന് ആ ശബ്ദത്തിന് അർത്ഥമേ കൊടുത്തില്ല അദ്ദേഹം ഇവിടുന്ന് വരുന്നതൊക്കെ ശബ്ദബ്രഹ്മം ആ പാലു കൊടുത്ത് അദ്ദേഹത്തിന് ഊണ് കഴിക്കാൻ വിളിച്ചു അപ്പോഴീ ബ്രാഹ്മണൻ കൂട്ടാക്കിയില്ല ഊണ് കഴിക്കാൻ വന്നിരുന്നു ഏകനാഥസ്വാമിയുടെ കൂടെ ഊണ് കഴിക്കാനിരുന്നു ഊണ് കഴിക്കുമ്പോൾ പല അസഭ്യം വിളിച്ചു പറഞ്ഞു അതൊക്കെ സന്തോഷമായിട്ട് കേട്ടുകൊണ്ടിരുന്നു അവസാനം ഏകനാഥ് സ്വാമി ദേഷ്യപ്പെടില്ല എന്ന് സ്വാമിയുടെ ഭാര്യ അദ്ദേഹം ഏകനാഥ് സ്വാമിയുടെ ഗൃഹസ്ഥാശ്രമം എല്ലാം കൊണ്ടും ആദർശമായിരുന്നു ഗൃഹസ്ഥനായിരുന്നു ജീവൻ മുക്തനായിരുന്നു അദ്ദേഹത്തിന്റെ ഏകനാഥ് ഈ ഭാഗവതത്തിന്റെ ഏകനാഥ് വ്യാഖ്യാനം കണ്ടാൽ നിങ്ങൾക്കറിയാം ആത്മനിഷ്ഠനായ ജ്ഞാനിയായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി വിളമ്പ പെരുമാറുമ്പോ ഏകനാഥ് സ്വാമിയുടെ ഭാര്യയുടെ മുതുകത്ത് കയറിയിരുന്നു ദേഷ്യപ്പെടുത്താനായിട്ട് അപ്പൊ ഏകനാഥ് സ്വാമി പറഞ്ഞു അയാൾ മുതുകത്തിരിക്കുന്നു വയസ്സായ ആളാണ് പെട്ടെന്ന് എഴുന്നേൽക്കരുത് അയാൾ വീഴും അപ്പൊ ആ അമ്മ പറഞ്ഞു അത്രേ സ്വാമിയുടെ മകൻ ഹരി ഹരി എത്ര പ്രാവശ്യം എന്റെ മുതുകത്തിരുന്നിട്ടുണ്ട് എനിക്കറിയില്ലേ എങ്ങനെയാണ് നീക്കേണ്ടത് വീഴാതെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു തന്നു ഒരിക്കൽ അവസാനം ഈ ബ്രാഹ്മണനെ ഭൂണോലിന് വേണ്ടതൊക്കെ ഏകനാഥസ്വാമി തന്നെ കൊടുത്തു യജ്ഞഗോവീതത്തിന് വേണ്ടതൊക്കെ ഇതിനാണെങ്കിൽ എന്നോട് മുന്നോട് മുമ്പ് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരുമല്ലോ അതുപോലെ ഒരാൾ ഏകനാഥ് സ്വാമിയെ ദേഷ്യപ്പെടുത്താനായി വായിൽ വെറ്റലിയിട്ട് ഒരിടത്ത് നിൽക്കാം സ്വാമികൾ കുളിച്ചു വരുന്നു ഗോദാവരി സ്നാനം കഴിച്ച് വരുമ്പോ വായിൽ വെറ്റലിട്ട് മുഖത്ത് തുപ്പി സ്വാമി വീണ്ടും കുളിച്ചിട്ട് വന്നു വീണ്ടും തുപ്പി അങ്ങനെ ഇരുപത്തിയേഴ് പ്രാവശ്യം തുപ്പി എത്ര ഇരുപത്തിയേഴ് പ്രാവശ്യം കുളിച്ചു വന്നു അവസാനം പശ്ചാത്താപം ഉണ്ടായി വീണ് നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു സ്വാമി ഇതിന്റെ രഹസ്യം എന്താ എത്ര പ്രാവശ്യം ഞാൻ അങ്ങേ തുപ്പി എന്നിട്ടും ദേഷ്യപ്പെട്ടില്ലല്ലോ അപ്പൊ ഏകനാഥ് സ്വാമി പറഞ്ഞു എത്രയും നീ എത്ര മഹാത്മാ നല്ല കാരണം എനിക്കിന്ന് ഇരുപത്തിയേഴ് പ്രാവശ്യം ഗംഗാസ്നാനം കിട്ടി ഗോദാവരി സ്നാനം എന്ന് വെച്ചാൽ അവർ ഗംഗാസ്നാനം ഗംഗാസ്നാനം കിട്ടി അത് മാത്രമല്ല നീ തുപ്പിയ ചളി ഞാൻ വെള്ളത്തിൽ പോയി മുങ്ങിയാൽ പോകും പക്ഷെ എന്നോട് എനിക്കൊരു വിരോധമോ ദേഷ്യമോ വന്നാൽ ഉള്ളിൽ വന്ന ചളി ഞാൻ എവിടെ പോയി മുങ്ങിക്കളയും അതെങ്ങനെ കഴുകിക്കളയും തുപ്പിയ ചളിയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയാൽ പോകും ഈ ഉള്ളിൽ വരുന്ന വിരോധത്തിന് എങ്ങനെ കഴുകിക്കളയും അപ്പൊ ദേഷ്യപ്പെടുന്നത് ക്ഷമ നശിക്കുന്നത് കൊണ്ട് നമ്മൾ തന്നെയാണ് ഡിസ്റ്റർബാവുന്നത് നമ്മൾ ആരുടെ അടുത്ത് ക്ഷമ പ്രശ്നമേ ഇല്ല നമ്മളൊരാളെക്കുറിച്ച് ദേഷ്യപ്പെട്ടാൽ അയാൾക്ക് അറിയോ അയാൾ നമ്മളെ കാണുമ്പോഴൊക്കെ എങ്ങനെ ഇരിക്കണം സുഖമല്ലേ ചോദിക്കും നമ്മളിങ്ങനെ വെറുത്ത് വെറുത്ത് വെറുത്ത് വെറുത്ത് നമ്മളുടെ രക്തത്തിലൊക്കെ വഷം കലരും ഭൂമിയിൽ നിന്നും ക്ഷമ പഠിച്ചു വായുവിൽ നിന്നും സ്പർശമില്ലാതെ ഇരിക്കുക ഗുണം പഠിച്ചു വായു ഒരിടത്തുനിന്ന് സുഗന്ധം എടുത്തുകൊണ്ട് പോവും അതവിടെ വിടും ഒരിടത്ത് ദുർഗന്ധം എടുത്തുകൊണ്ട് പോവും അതവിടെ വിടും വായുവിന് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ യതികളും എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കും നല്ല ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ വരും ചീത്ത ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ വരും പക്ഷെ ഒന്നിനോടും പറ്റില്ല ആ ലക്ഷണം വായുവിൽ നിന്ന് പഠിച്ചു പൃഥ്വി വായു അടുത്തത് ആകാശം ആകാശം ശബ്ദഗുണക്കമാണ് ആകാശത്തിൽ ഏറ്റവും സൂക്ഷ്മമായ ഭൂതമാണ് ആകാശം അതുകൊണ്ട് സർവവ്യാപിയാണ് നമ്മളുടെ ഋഷികളുടെ മഹാമേധ നമുക്ക് ഈ പഞ്ചഭൂത വിവരണത്തിൽ തന്നെ കാണാം ൂമി ഒരു കഷ്ണം മണ്ണ് ഒരിടത്തിട്ടാൽ അതവിടെ കിടക്കും വശങ്ങളിലേക്ക് പോവില്ല ചലിക്കില്ല അവിടെ കിടക്കും ഏറ്റവും സ്ഥൂലമായ ഘരപദാർത്ഥം അതിന് പെർവേസീവ്നസ് കുറവാണ് വ്യാപിക്കില്ല അവിടെ തന്നെ കിടക്കും വെള്ളം ഒഴിച്ചാൽ വെള്ളം വശങ്ങളിലേക്കൊക്കെ വ്യാപിക്കും കൊഞ്ചുകൂടെ അത് വ്യാപ്തമാകും ജലം ജലം ഭൂമിയേക്കാളും സൂക്ഷ്മമായതുകൊണ്ട് കുറച്ചുകൂടെ വ്യാപിക്കും അഗ്നി മുകളിലേക്കും വ്യാപിക്കും വശങ്ങളിലേക്കും മുകളിലേക്കും വ്യാപിക്കും ജലത്തിനേക്കാൾ സൂക്ഷ്മമായതുകൊണ്ട് വായു ഏകദേശം എല്ലായിടത്തും സഞ്ചരിക്കും വായുവിനേക്കാൾ സൂക്ഷ്മമായി ഉള്ളതുകൊണ്ട് ആകാശം ആകാശത്തിനെയാണ് നമ്മൾ വ്യാപ്തിക്ക് എല്ലാം കൊണ്ട് ഉദാഹരണം പറയുന്നത് സർവവ്യാപി ഏറ്റവും സൂക്ഷ്മം ആ ആകാശം ആകാശത്തിനെ ഗുരുവായി വെച്ചുകൊണ്ട് ആത്മതത്വം പഠിച്ചു എന്താന്ന് വെച്ചാൽ ആകാശമാണോ ഉള്ളത് ഉള്ളത് ആകാശമാണ് നമ്മളുടെ ശരീരത്തിൽ ഓരോ കോശമായി എടുത്ത് അനലൈസ് ചെയ്തുകൊണ്ട് പോയാൽ ഉള്ളിൽ ചെന്നാൽ അവസാനത്തെ പദാർത്ഥമായിട്ട് ഒരു ആറ്റം അതും ഉള്ളിൽ ചെന്നാൽ അതിന്റെ സൂക്ഷ്മ മണ്ഡലങ്ങളിലേക്ക് എല്ലാം കഴിയുമ്പോൾ അവസാനം എന്താവും വെറും ആകാശം സ്പേസ് മാത്രം ബാക്കി നിൽക്കും ഏത് പദാർത്ഥത്തിനെ അന്വേഷിച്ച് ഉള്ളിൽ ചെന്നാലും അവസാന സ്പേസേ ഉണ്ടാവുള്ളൂ അപ്പോ വേറെ ഒരു ചോദ്യം സ്പേസിൽ സ്പേസ് അല്ലാതെ വേറെ വല്ലത് നിൽക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്പേസിൽ നമ്മൾ പറയണു സ്പേസിൽ വായു അഗ്നിയും ഒക്കെ ഉണ്ടെന്ന് പറയണു അല്ലെങ്കിൽ ഒരു പദാർത്ഥം സ്പേസിൽ സ്പേസ് അല്ലാതെ മറ്റൊന്നും നിൽക്കാൻ സാധ്യമല്ല ആകാശത്തിൽ ആകാശമല്ലാതെ മറ്റൊന്നും നിൽക്കാൻ സാധ്യമല്ല ഈ തത്വം തെളിഞ്ഞാൽ നമുക്ക് ശരീരമില്ല എന്നുള്ള അനുഭവം വരും എന്നാണ് ആകാശമേ ഉള്ളൂ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും അന്വേഷിച്ചു പോയാൽ ആകാശം ബാക്കി നിൽക്കും ഈ തത്വം തെളിഞ്ഞാൽ ആകാശമേ ഉള്ളൂ ദേഹമില്ല എന്നുള്ള അനുഭവം ആകാശ ശരീരമാവും ഈ ആകാശത്തിനെ ഗുരുവായി വെച്ചുകൊണ്ട് സർവവ്യാപിത്വം പഠിച്ചു വെള്ളം വെള്ളത്തിന് എന്താ രുചി വെള്ളത്തിന് രുചിയില്ല എന്നാണ് സാധാരണ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെ രുചിയാണ് മാധുര്യം വെള്ളത്തിൻ്റെ രുചിയല്ല വെള്ളത്തിനാണ് മാധുര്യം അതെപ്പോ അറിയാം നല്ലവണ്ണം ദാഹിച്ചിട്ട് കുറച്ച് പച്ചവെള്ളം കുടിച്ചാൽ അറിയാം നല്ല ദാഹത്തിലുള്ള ആൾക്ക് പച്ചവെള്ളം പോലെ മുനി സംസാരതാപതപ്തന്മാർക്ക് ശീതളത കൊടുക്കുന്നവനായിരിക്കണം കുളിർമയായ കുളിർമ കൊടുക്കുന്നവനായിരിക്കണം എന്നും പഠിച്ചു ജലത്തിനെ പോലെ എല്ലാം പവിത്രമാക്കുന്നവനായിരിക്കണമെന്നും ജലത്തൊന്ന് പഠിച്ചു തോന്നുന്നു പൃഥ്വി വായുർ ആകാശം ആപം അഗ്നി അഗ്നി അതിൽ എത്ര എല്ലാത്തിനെയും ദഹിപ്പിച്ചു അതുപോലെ മുനിയും ജ്ഞാനമാവുന്ന അഗ്നി ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കണം എന്തൊക്കെ വാസനകൾ ഉള്ളിൽ ചെന്നാലും എല്ലാം ദഹിക്കണം വയറിലും മുനിക്ക് അഗ്നി വേണം ജാഠലാഗ്നി എന്താന്ന് വെച്ചാൽ അവതൂതനാണ് കിട്ടുന്ന ഭക്ഷണമൊക്കെ തിന്നും എന്ത്ക്ഷണം കഴിച്ചാലും ഉള്ള തിരുവണ്ണാമല ശേഷാദ്രി പുരുഷർ പ്രിയ മഹാൻ വന്ന് വീട്ടിൽ എതിർച്ച അപ്പൊ ഏറിപ്പോണോ ഒരു വീട്ടിലെ ഒരു ബാട്ടിൽ ഹൈലി പായസ് അതിൽ ഒരു ഡ്രാപ്പ് നാക്ക് വിത്തേ പോയിടും അത് മാറി ലിക്വിഡ് സ്വാമി അത് പാത്ത ജലം മാത്രേ സ്വാമികൾ അതേ കുടിക്കുന്ന ജലം നനച്ചിട്ടോ ഇല്ല വിളയാട്ടോ അത് ബാട്ടിൽ തന്നെ അപേവാ ആയിൽ വിട്ട അത് വീട്ടിലെ ഭക്തർ വന്ന് സാമി ഇത് രണ്ട പായസ വിഷം ചാപ്പിട്ടേ അഴ ആരംഭിച്ചിട്ട് ഒരു ഡ്രാപ് പോണാലേ ഉയർ പോയിടും സാമികൾ സിരി പോടാ അടുമേ ആകല എന്നാ അത് ഉള്ള അഗ്നി എല്ലാത്ത എറിച്ച് വളർക്ക് അത് അഗ്നിയെ ഒരു ഗുരുവായി എടുത്ത ആകാശം ആപ്പോ അഗ്നി ചന്ദ്രമാന്ദ്രൻ കിട്ടുന്ന പഠിച്ചത് അമാവാസ അനക്ക് ചന്ദ്രൻ ഇല്ല മെതുവാ കലൈകൾ വരുന്നത് കലൈ വന്ന് പൂർണ്ണ ചന്ദ്രൻ ആകരുത് അപ്പുറം ഹ്രാസം കൊള്ള മുല്ല കലൈ പോയി ചന്ദ്രൻ തരും അമാവാസ വന്നിടും ചന്ദ്രൻ വികസിക്കുന്നതും കുറഞ്ഞു പോകുന്നതും കണ്ടിട്ട് അറിവില്ലാത്ത ആളുകൾ എന്ത് പറയും ചന്ദ്രൻ ജനിച്ചു ചന്ദ്രൻ വളർന്നു ചന്ദ്രൻ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ കലകൾക്കാണ് ഈ ജനനവും വളർച്ചയൊക്കെ അതേപോലെ ശരീരം ജനിക്കുന്നു ശരീരം വളരുന്നു ശരീരം പരിണമിക്കുന്നു ശരീരം ക്ഷയിക്കുന്നു ശരീരം നശിക്കുന്നു സ്വരൂപത്തിന് യാതൊരു സ്പർശവും എന്നുള്ളത് ചന്ദ്രനെ ഉദാഹരണമായി വെച്ചുകൊണ്ട് പഠിച്ചു രവി സൂര്യൻ അടുത്തത് സൂര്യൻ എല്ലാവർക്കും പ്രകാശം കൊടുക്കണം സ്തുതിക്കുന്നവനും പ്രകാശം നിന്ദിക്കുന്നവനും പ്രകാശം നമസ്കാരം സൂര്യനമസ്കാരം ചെയ്യുന്ന ആൾക്കും പ്രകാശം ചിലർക്കൊക്കെ സൂര്യൻ ഉദിച്ചാൽ മനസ്സിന് വിഷമാണ് ഇത്ര നേർത്ത സൂര്യൻ ഉദിച്ചു കുറച്ചു നേരം കൂടെ ഉറങ്ങണം അവർക്കും സൂര്യൻ വെളിച്ചം കൊടുക്കും ലോകേ ചരതി സൂര്യവത് ലോകത്തിൽ ജ്ഞാനികൾ സൂര്യനെ പോലെ സഞ്ചരിക്കുന്നതാണ് നിസ്സംഗരായിട്ട് പ്രകാശം കൊടുത്തുകൊണ്ട് സൂര്യനെ ഒരു ഗുരു ഒരു ആകാശത്തിൽ സൂര്യൻ ഒരു പത്ത് കുടത്തിൽ വെള്ളം വെച്ചാൽ ഈ വെള്ളത്തിലൊക്കെ സൂര്യൻ പ്രതിബിംബിക്കും അതിൽ ഒരു വെള്ളം ഒരു കുടത്തിലുള്ള വെള്ളം ചളിയാണെങ്കിൽ സൂര്യൻ ചളിയായ പോലെ തോന്നും ഒരു കുടത്തിലുള്ള വെള്ളം നീലക്കളറാണെങ്കിൽ സൂര്യൻ നീലക്കളറായ പോലെ തോന്നും പക്ഷേ യഥാർത്ഥ സൂര്യൻ ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെട്ടിട്ടേ ഇല്ല അതേപോലെ ഓരോ ശരീരവും ഓരോ കുടം അതിലുള്ള വെള്ളം ചിത്തം അതിൽ ഞാൻ എന്നുള്ള അനുഭവം പ്രതിബിംബം ചിത്തഗത ചിത് ആ ചിത് പ്രതിബിംബം ഏതേത് ഉപാധികളോട് താതാത്മ്യപ്പെടുന്നു ആ അതാത് ഉപാധിയുടെ സ്വഭാവം തന്റെയാണെന്ന് അഭിമാനിക്കണം പക്ഷേ യഥാർത്ഥത്തിലുള്ള സൂര്യനെ ഈ പ്രതിബിംബം ബാധിക്കാത്തതുപോലെ നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിന് ഈ പ്രതിബിംബത്തിന്റെ ചലനങ്ങളൊന്നും ബാധിക്കണില്ല എന്നുള്ളത് സൂര്യനിൽ നിന്നും പഠിച്ചു ഇങ്ങനെ ഏഴു ഗുരുക്കന്മാരായി